നിങ്ങളിൽ ശ്രേഷ്ഠതയും ഐശ്വര്യവുമുള്ളവർ തങ്ങളുടെ കുടുംബബന്ധമുള്ളവർക്കും ദരിദ്രർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുഹാജറുകൾക്കും നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കരുത് അവർ മാപ്പ് നൽകുകയും ക്ഷമിക്കുകയും ചെയ്യട്ടെ അല്ലാഹു സുബഹാനഹുവ ചായാല നിങ്ങൾക്ക് പുറത്തുതരുന്നത് നിങ്ങളിഷ്ടപ്പെടുന്നില്ലേ അല്ലാഹു സുബഹാനഹുവ ചായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്